അധ്യായ ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത് ഒരിക്കൽ ദേശത്ത് ക്ഷാമമുണ്ടായി യഹൂദയിലെ ബേത്തലെഹേമിലുള്ള ഒരാൾ തന്റെ ഭാര്യയും രണ്ടു പുത്രന്മാരുമായി മോവാബ് ദേശത്ത് പരദേശിയായി പാർപ്പാൻ പോയി അവന് എലിമേലേക്കെന്നും ഭാര്യയ്ക്ക് നവോമിയെന്നും രണ്ടു പുത്രന്മാർക്ക് മഹളോനെന്നും കില്ലോനെന്നും പേർക്ക് അവർ യഹൂദിയയിലെ ബിൽ നിന്നുള്ള അവർ മോവാശത്ത് ചെന്ന് അവിടെ താമസിച്ചു എന്നാൽ നവോമിയുടെ ഭർത്താവായ എലിമല മരിച്ചു അവള് രണ്ടു പുത്രന്മാരും ശേഷിച്ചു അവർ മോവാപ്യ സ്ത്രീകളെ വിവാഹം കഴിച്ചു ഒരുത്തിക്ക് ഓർപ്പ എന്നും മറ്റവൾക്ക് രൂത്ത് എന്നും അവർ ഏകദേശം പത്ത് സംവത്സരം അവിടെ പിന്നെ മഹ്ളോനു കില്ലിയോനും ഇരുവരും അങ്ങനെ രണ്ടു പുത്രന്മാരും ഭർത്താവും കഴിഞ്ഞിട്ട് ആ സ്ത്രീ മാത്രം ശേഷിച്ചു യഹോവ തന്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുത്ത പ്രകാരം അവൾ മോവാബ് ദേശത്തു വെച്ച് കേട്ടിട്ട് മോവാബ് ദേശം വിട്ട് മടങ്ങിപ്പോകുവാൻ തന്റെ മരുമക്കളോടു കൂടെ അങ്ങനെ അവൾ മരുമക്കളുമായി പാർത്തിരുന്ന സ്ഥലം വിട്ട് യഹൂദദേശത്തേക്ക് മടങ്ങിപ്പോകുവാൻ യാത്രയായി എന്നാൽ നവോമി മരുമക്കൾ ഇരുവരോടും നിങ്ങൾ താന്താന്റെ അമ്മയുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുവേണ്ടി മരിച്ചവരോടും എന്നോടും നിങ്ങൾ ചെയ്തതുപോലെ യഹോവൻ നിങ്ങളോടും ദയചെയ്യുമാറാകട്ടെ നിങ്ങൾ താന്താന്റെ ഭർത്താവിന്റെ വീട്ടിൽ വിശ്രാമം പ്രാപിക്കേണ്ടതിന് യഹോവൻ നിങ്ങൾക്ക് കൃപ നൽകുമാറാകട്ടെ എന്നു പറഞ്ഞ് അവരെ ചുംബിച്ചു അവർ ഉച്ചത്തിൽ കരഞ്ഞു അവർ ഞങ്ങളും നിന്നോടു കൂടെ നിന്റെ ജനത്തിന്റെ അടുക്കൽ പോരുന്നു എന്ന് പറഞ്ഞു അതിന് നവോമി പറഞ്ഞത് എന്റെ മക്കളെ നിങ്ങൾ മടങ്ങിപ്പോയിക്കൊള്ളുവീൻ എന്തിന് എന്നോട് കൂടെ പോരുന്നു നിങ്ങൾക്ക് ഭർത്താക്കന്മാരായിരിക്കാൻ ഇനി എന്റെ ഉദരത്തിൽ പുത്രന്മാർ ഉണ്ടോ എന്റെ മക്കളെ മടങ്ങിപ്പോയിക്കൊള്ളുവീൻ ഒരു പുരുഷന് ഭാര്യയായിപ്പാൻ എനിക്ക് പ്രായം കഴിഞ്ഞുപോയി അല്ല അങ്ങനെ ഒരു ആശ എനിക്കുണ്ടായിട്ട് ഈ രാത്രി തന്നെ ഒരു പുരുഷന് ഭാര്യയായി പുത്രന്മാരെ പ്രസവിച്ചാലും അവർക്ക് പ്രായമാകുവോളം നിങ്ങൾ അവർക്കായിട്ട് കാത്തിരിക്കുമോ നിങ്ങൾ ഭർത്താക്കന്മാരെ എടുക്കാതെ നിൽക്കുമോ അത് വേണ്ട എന്റെ മക്കളെ ഈ കൈ എനിക്ക് വിരോധമായി പുറപ്പെട്ടിരിക്കുകയാൽ ഞാൻ വളരെ വ്യസനിക്കുന്നു അവർ പിന്നെയും പൊട്ടിക്കരഞ്ഞു ഓർപ്പ അമ്മാവിയമ്മയെ ചുംബിച്ച് പിരിഞ്ഞു രൂത്തോ അവളോട് പറ്റി നിന്നു അപ്പോൾ അവൾ നിന്റെ സഹോദരി തന്റെ ജനത്തിന്റെയും തന്റെ ദേവന്റെയും അടുക്കൽ മടങ്ങിപ്പോയല്ലോ നീയും നിന്റെ സഹോദരിയുടെ പിന്നാലെ പൊയ്ക്കൊള്ളുക എന്നു പറഞ്ഞു അതിന് രൂത്ത് നിന്നെ വിട്ടു പിരിവാനും നിന്റെ കൂടെ വരാതെ എന്നോട് പറയരുതേ നീ പോകുന്നിടത്ത് ഞാനും പോരും നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും നിന്റെ ജനം എന്റെ ജനം നിന്റെ ദൈവം എന്റെ ദൈവം നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്നു പറഞ്ഞു തന്നോടു കൂടെ പോരുവാൻ അവൾ ഉറച്ചിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവൾ അവളോട് സംസാരിക്കുന്നത് മതിയാക്കി അങ്ങനെ അവർ രണ്ടുപേരും ബത്ത്ലെഹേം വരെ നടന്നു അവർ ബത്ലഹേമിലെത്തിയപ്പോൾ പട്ടണം മുഴുവൻ അവരുടെ നിമിത്തം ഇളകിളക്കി ഇവൾ നവോമിയോ എന്ന് സ്ത്രീധനം പറഞ്ഞു അവൾ അവരോട് പറഞ്ഞത് നവോമിയെന്നല്ല മാറ എന്ന് എന്നെ വിളിപ്പീന്നി സർവശക്തൻ എന്നോട് ഏറ്റവും കയ്പായുള്ളത് പ്രവർത്തിച്ചിരിക്കുന്നു നിറഞ്ഞവളായി ഞാൻ പോയി ഒഴിഞ്ഞവളായി യഹോവ എന്നെ മടക്കി വരുത്തിയിരിക്കുന്നു യഹോവ എനിക്ക് വിരോധമായി സാക്ഷീകരിക്കുകയും സർവശക്തൻ എന്നെ ദുഃഖിപ്പിക്കുകയും ചെയ്തിരിക്കെ നിങ്ങളെന്നെ നവോമിയെന്ന് വിളിക്കുന്നത് എന്തു ഇങ്ങനെ നവോമി മോവാബ് ദേശത്ത് നിന്ന് കൂടെപ്പോന്ന മരുമകൾ രൂപ എന്ന മോവാബി സ്ത്രീയുമായി മടങ്ങിവന്നു അവർ यवको आरंभ बेत्लहेमें